യഥാർത്ഥ ജ്ഞാനത്തിൽ എന്ത് തന്നെ ഗ്രഹിക്കണം പ്രാമാണ്യത്തെ തന്നെ ഗ്രഹിക്കും അവിടെ അപ്രാമാണ്യം ഗ്രഹിക്കാൻ പാടില്ല അപ്രാമാണ ഗ്രഹിച്ചു അവിടെ സ്വതസ്തു സിദ്ധിക്കത്തില്ല പ്രമേയമുള്ളിടത്ത് പ്രാമാണിത്തെ തന്നെ ഗ്രഹിക്കും പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ച ഒരാൾക്ക് പ്രമേയാണ് അയാൾക്ക് അത് ഭ്രമം ആണെന്ന് അയാൾക്ക് തോന്നുന്നു അതിലയാൾക്ക് ഉണ്ടായി അപ്രമേയം അപ്പൊ അയാളുടെ പറയുന്നത് എന്തായി അപ്രാമാണ്യ ഗ്രാഹമാണ് അതിന്റെ സാമഗ്രിജന്യമായ ഗ്രഹം അത് തന്നെ തദ്വിഷയത്തൂടെ ആ പ്രമേൽ വന്നു എന്നുവെച്ചാൽ പ്രമേയനുള്ള വന്നു എന്ത് ഗ്രഹ വിഷയത്വമാണവിടെ ഇരിക്കുന്നു അപ്രാമാണികടെ വന്നത് പ്രമേയിലിരിക്കുന്ന പ്രാമാണമാണ് പക്ഷെ അതിൽ അപ്രാമാണ്യത്തെ ആരോപിക്കുകയാണ് പ്രമേലും വാസവത്തിരിക്കുന്ന എന്താണ് പ്രാമാണ പ്രാമാണത്തോടെ ഏതുപോലെ ശക്തി രഹിതത്തെ ആരോപിക്കുന്നത് അതിൽ അപ്രാമാണത്തില്ല ആരോപിക്കുന്ന എന്താണ് ഒരു ജ്ഞാനം ആ ജ്ഞാന ഏതാണ് അപ്രാമാണ അപ്പോ എന്തു ആ ജ്ഞാനത്തിൽ പറയും അപ്രാമാണ ഗ്രഹം എന്തുകൊണ്ട് പ്രാമാണ്യുന്ന ഒരു ജ്ഞാനത്തിൽ അപ്രാമാണത്തെ ഗ്രഹിച്ച ഞാനതിനെന്ത് പറയും അപ്രാമാണ്രഹം അതിന്റെ വിഷയം എന്താവും ഒന്നാമത്തെ ഞാൻ അപ്പോ അപ്രാമാണ അഗ്രാഹകം എന്ന് ചേർത്തില്ലെങ്കിൽ അപ്രാമാണ ഗ്രഹ വിഷയത്വം വന്നു പരമാത്മകമായ ജ്ഞാനം അതിലിരിക്കുന്ന പ്രാമാണ്യത്തിൽ എന്തു ചെയ്തു പ്രാമാണി ഞാൻ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണമെങ്കിൽ എന്താ ആദ്യത്തെ നിയമം എന്താണ് ജ്ഞാനത്തെ ഗ്രഹിക്കുന്ന എന്തോ സാമഗ്രിക ഉണ്ട് അതുകൊണ്ട് എന്തു ചെയ്യാൻ ഗ്രഹിക്കണം പ്രാമാണിയും ഇവിടെ എന്തു ചെയ്തു ആ ജ്ഞാനത്തെ ഗ്രഹിച്ച ജ്ഞാന സാമഗ്രിയുണ്ട് ആ ജ്ഞാനത്തെ രണ്ടാമത്തെ ഞാനാണ് ഗ്രഹിച്ചത് ഒന്നാമത്തെ ജ്ഞാനത്തെ ഗ്രഹിച്ചത് രണ്ടാമത്തെ ഞാനം അത് ഗ്രഹ വിഷയത്വം അധികം ആ ജ്ഞാനത്തിന്റെ സാമഗ്രിയുണ്ട് എന്നെന്ത് ചെയ്തു ആദ്യത്തെ ജ്ഞാനത്തില് അപ്രാമാണത്തെ ഗ്രഹിച്ചു എന്താണ് ഗ്രഹിക്കേണ്ടത് പ്രാമാണ്യത്തെ അപ്പൊ പ്രാമാണത്തെ ഗ്രഹിക്കേണ്ട സ്ഥാനത്ത് അപ്രാമാണ്യത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ സുഹൃത്തും മാണിത്തിൽ എന്തില്ല അതാണ് ബാധ പക്ഷത്തിൽ സാധ്യമൂടെ വരുന്ന ബാധ ഇനി എന്താണ് സംശയം എന്താണോ കേട്ടില്ല ഇപ്പോടെ ഞാൻ ഗ്രാഹക സാമഗ്രി ഒരു രണ്ടാമത്തെ ജ്ഞാനത്തിന്റെ ആ സാമഗ്രികൊണ്ട് പിന്നെ രണ്ടാമത് ഗ്രഹിച്ചതിന് അപ്രാമാണിത് ഇതാണ് പ്രശ്നം ഇതാണ് കൊടുത്ത പ്രശ്നം ം അപ്രമാ ഇതിമ എന്ന് പറയുന്ന ജ്ഞാനം കൊണ്ട് എന്ന് വെച്ചാൽ ഈ ജ്ഞാനം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്താണിത് യഥാർത്ഥമായ ഒരു ജ്ഞാനത്തിൽ വരുന്ന ഭ്രാന്തിജ്ഞാനമാണ് ഇത് ജ്ഞാനേനെന്ന് വെച്ചാൽ ഈ ജ്ഞാനം എന്ത് ജ്ഞാനമാണ് ഭ്രാന്തിജ്ഞാനം എന്ന് മനസ്സിലാക്കുന്നു ഭ്രാന്തികൊണ്ട് പ്രാമാണ്രഹ പ്രാമാണ്രഹ എന്ന് വെച്ചാൽ എന്താ സംഭവിച്ചത് അപ്രാമാണ്രഹാദ് മനസ്സിലായിപ്പോ അന്ന് അവിടെ എഴുതിയിട്ടില്ല നമ്മൾ മനസ്സിലായിപ്പോഹ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചത് അപ്രാമാണ ഗ്രഹാദ് ഇങ്ങനെയാണ് താർക്കിന്മാർ ഒരു കാര്യം നേരെ പറയത്തില്ല അത് വ്യാഖ്യാനത്തിലൂടെ നമ്മൾ മനസ്സിലായി പ്രാമാണ്യത്തെ ഗ്രഹിച്ചത് ബാധ എന്നു പറഞ്ഞാൽ അവിടെ എന്ത് വരുന്ന സ്വതത്വം ശ്രദ്ധിക്കുന്നില്ല അപ്രാമാണ ഗ്രഹ അപ്രാമാണി ഗ്രഹിച്ചാൽ സ്വതത്വം വരുന്നില്ല ബാധ വരുന്നു അത് പറയുന്നതിന് എന്ത് പറഞ്ഞു അപ്രാമാഗ്രാഹ അപ്രാമാണി അഗ്രഹ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ അപ്രാമാണ്യത്തെ ഗ്രഹിക്കുന്ന ജ്ഞാനത്തെ എടുക്കാൻ പറ്റില്ല പിന്നെ പറഞ്ഞ ജ്ഞാനത്തെ എടുക്കണം ഏതൊരു സാമഗ്രികൊണ്ടാണോ ജ്ഞാനത്തെയും പ്രാമാണത്തെയും ഗ്രഹിക്കുന്നു ആ സാമഗ്രിയെടുക്കും അപ്പം നേരത്തെ പറഞ്ഞെടുത്തുള്ള സാമഗ്രിയു ഇതം ജലം എന്നെടുത്ത് ജ്ഞാനത്തെ ഗ്രഹിച്ച സാമഗ്രിയാണ് പരാമർശം പാട്ടുമതം അതേ സാമഗ്രികൊണ്ട് തന്നെ എന്ത് ചെയ്തു അപ്പോൾ ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ആ ഞാൻ ആ ജ്ഞാനത്തുള്ള പ്രാമാണ്യത്തെ ആ സാമഗ്രി ഗ്രഹിച്ചപ്പോൾ എന്ത് ചെയ്തു अपक्षण प्रामाण्य तन्दसिद्धमयी सदसतुम बाहिल्लहु विनी इदम् ज्ञानम् अप्रमायदि अनुवसाय दृष्टा प्रामाण्यग्राहस्य अप्रामाण्य अग्रहगत्वा भाव सदसतुम नस्य अधहत्तत तस्मिन् ग्राह्य प्रामाण्य आश्रये ഗ്രാഹക ഇത് അർത്ഥ്യെല്ലാം പറയും പിന്നെ പറയുന്നത് പൊതുവായ കാര്യങ്ങളാണ് ഈ മൂന്ന് പദത്തിന്റെയും പ്രയോജനം മനസ്സിലാക്കുന്നിടത്താണ് ഇതിന് കാര്യമായി മനസ്സിലാക്കണം ബാക്കിയൊക്കെ പൊതു പറയുന്നു തത് അപ്രാമാണ ഗ്രാഹം ജ്ഞാനഗ്രാഹകാമഗ്രി തത് അപ്രാമാണ സാമഗ്രി അതായിരിക്കും സാമഗ്രി തത്വം പറഞ്ഞ തസ്മിൻ എന്നു സപ്തമി ലോകിച്ചോസമാസമാണ് ഗ്രാഹക സാമഗ്രിക എടുക്കും അപ്രാമാണിയ ഗ്രഹിക്കാത്ത സാമഗ്രിയെടുക്കും അതിനാണ് കഴിഞ്ഞ വിശ്രാമ ആദ്യം ഇങ്ങനെയുള്ള ഞാനുണ്ടായി ഇതം എന്നൊരു ഞാനുണ്ടായി ആദ്യത്തെ ഞാൻ ഇത് ബ്രഹ്മമാണോ യഥാർത്ഥമാണോ മരുമരുചാണ് ഇതം ജലം എന്നുള്ളത് ഞാനുണ്ടായത് യഥാർത്ഥമോ യഥാർത്ഥമോ ഏതാർത്ഥമാണോ മരുമരീജിക്കാൻ ഒരാൾക്ക് ഇതം ജലം എന്നുള്ള ഞാനുണ്ടായ അതെന്തായിരിക്കും യഥാർത്ഥം നേരത്തെ പറഞ്ഞതല്ല നേരത്തെ ഇതം ജലം എന്ന് പറയുന്നത് യഥാർത്ഥ ജ്ഞാനമാണ് ഇവിടെ ഇതഞ്ചലം എന്ന് പറയുന്നത് മരുമരീചികയിലെ ജ്ഞാനമാണ് അതാദ്യത്തെ രണ്ടാമതായൊരു ജ്ഞാനം ഉണ്ടാവുകയാണ് ഇതം ജലമിതി ഇതം ജ്ഞാനം ഇപ്പം മുമ്പുണ്ടായ ജ്ഞാനം ഇതം ജലം ഇതി ഇതം ജ്ഞാനം അപ്രമ ഇത് ഇതം ഞാനോ അപ്ര ഇത് യഥാർത്ഥമാണോ യഥാർത്ഥമാണോ എന്തുകൊണ്ട് അപ്രമം എന്നുള്ള ഒരു ജ്ഞാനത്തെ അപ്രമേയ അപ്രമേയം എന്നറിയുന്നത് യഥാർത്ഥമാണ് അത് ഭ്രമമാണെങ്കിൽ എന്ത് വേണം അപ്രമേയ പ്രമേയം എന്നറിയുന്നത് യഥാർത്ഥമാണ് ആദ്യത്തെ ഒരു ജ്ഞാനം ഇതം ജലം വ്യവസായം രണ്ടാമത്തെ ഒരു അനു വ്യവസായം ഇതാണ് ഇതം ജലം ഇത് ജ്ഞാനം അങ്ങനെ തുറന്നു വന്ന അനുഭവം അപ്രമാ മൂന്നാമത് ഇത് രണ്ടും കൂടെ വിശിഷ്ടമായ ഒരു ജ്ഞാനം ഇതം ജലം ഇത് ഇതം ജ്ഞാനം അപ്രമാകി ഇത് ജ്ഞാനവാനഹം അപ്പോൾ ഈ ജ്ഞാനം വിഷയമാക്കുന്നത് രണ്ടാമത്തെ ജ്ഞാനത്തെയാണ് രണ്ടാമത്തെ ജ്ഞാനം വിഷയമാകുന്നത് ഒന്നാമത്തെ ജ്ഞാനത്തെയാണ് ഒന്നാമത്തെ ജ്ഞാനം എന്ന് പറയുന്നത് ഭ്രമമാണ് അതുകൊണ്ട് ആ ഭ്രമത്തിൽ ഇരിക്കുന്നത് പ്രാമാണിയമാണ് അപ്രാമാണമാണ് അപ്പോൾ രണ്ടാമത്തെ ജ്ഞാനം അപ്രാമാണത്തെ വിഷയമാക്കുന്ന ജ്ഞാനമാണ് പക്ഷെ അതെന്ത് ജ്ഞാനമാണ് എന്നുവച്ചത് അപ്രമ എന്നുള്ള കാര്യത്തെ വിഷയമാക്കുന്ന യഥാർത്ഥ ഞാനാണ് പക്ഷെ അത് വിഷയമാക്കുന്ന എന്തിനെ അപ്രാമാണത്തെ ആ അതായത് ബ്രഹ്മജ്ഞാനത്തിൽ എന്തിരിക്കുന്നു അപ്രാമാണോ അതിനു വിഷയമാക്കുന്നു അതിന് രണ്ടാമത്തെ ജ്ഞാനത്തിൻ്റെ പ്രത്യേകത ഇനി മൂന്നാമത്തെ ജ്ഞാനം വിഷയമാകുന്നത് എന്തിനാണ് രണ്ടാമത്തെ ജ്ഞാനം അത് പ്രാമാണിയാണോ ആ പ്രാമാണിയത്തെയാണോ പ്രാമാണിത് എന്തുകൊണ്ട് രണ്ടാമത്തെ ജ്ഞാനം യഥാർത്ഥമാണ് ആ ജ്ഞാനത്തിൽ എന്തിരിക്കുന്നു പ്രാമാണ അതിൻ്റെ മൂന്നാമത്തെ ജ്ഞാനം വിഷയമാക്കുന്നു ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ ജ്ഞാനം എന്ന് പറയുന്ന ഒരു വിശിഷ്ട ജ്ഞാനമാണ് ഒന്ന് രണ്ട് ജ്ഞാനങ്ങൾ കൂടി ചേർന്നാണ് മൂന്നാമത്തെ ജ്ഞാനം അതുകൊണ്ട് രണ്ടിൻ്റെയും മൂന്നിൻ്റെയും സാമഗ്രികളൊന്നു തന്നെ പ്രത്യേകം പ്രത്യേകം ഞാനാണ് രണ്ടാമത്തെ ജ്ഞാനത്തിൻ്റെയും മൂന്നാമത്തെ ജ്ഞാനത്തിൻ്റെയും സാമഗ്രി എന്ന് പറയുന്ന ആത്മമിനയോഗാദികളൊന്നു തന്നെ അത് വിശിഷ്ടജ്ഞാനമായി അപ്പോൾ അതിൽ രണ്ടാമത്തെ ജ്ഞാനത്തിൻ്റെ വിഷയം എന്താണ് രണ്ടാമത്തെ ജ്ഞാനത്തിൻ്റെ വിഷയം ഒന്നാമത്തെ ജ്ഞാനത്തിൽ എന്തിനാഗ്രഹിക്കുന്നത് അപ്രാമാണ്യത്തെ അത് ബ്രഹ്മമാണ് മൂന്നാമത്തെ ജ്ഞാനത്തിൻ്റെ വിഷയം എന്താണ് ഏ ഏ പ്രാമാ രണ്ടാമത്തെ ജ്ഞാനത്തിന് വിഷയം എന്ന് പറയുന്നത് അപ്രാമാണ്യം മൂന്നാമത്തെ ജ്ഞാനത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് പ്രാമാണ്യം ഇതിന്റെ രണ്ടിന്റെയും സാമഗ്രി ഒന്ന് അപ്പൊ ഒരേ സാമഗ്രി തന്നെ എന്ത് ചെയ്യുന്നു അപ്രാമാണിത് സാമഗ്രി ഒന്ന് തന്നെ പ്രാമാണിത് സാമഗ്രി ഒന്ന് തന്നെ ഇനി തദ്വിട്ടിട്ട് നോക്കുക അപ്രാമാണ്രാഹക സാമഗ്രി ഇവിടെയുണ്ടാമാണ്രാഹക സാമഗ്രി എന്ന് പറയുന്ന സാമഗ്രി ഇവിടെ ഇല്ല അങ്ങനെ ഒരു സാമഗ്രി ഇവിടെ ഘട്ടത്തില് എന്തുകൊണ്ട് ഇവിടുത്തെ ഈ രണ്ട് ജ്ഞാനത്തിൻ്റെ ഈ സാമഗ്രി എന്ന് പറയുമ്പോൾ സാമഗ്രി ഒന്നാണ് പക്ഷെ ഒരിടത്തെന്ത് ചെയ്യുന്നു രണ്ടാമത്തെ ജ്ഞാനത്തിൽ അത് അപ്രാമാണത്തെ ഗ്രഹിക്കുന്നു മൂന്നാമത്തെ ജ്ഞാനത്തിലത് അപ്പോൾ അപ്രാമാണ്രാഹക സാമഗ്രി അപ്രസിദ്ധമായിരുന്നു അതാണ് ഇവിടുത്തെ ദോഷം അപ്രാമാണ ആഗ്രഹ സാമഗ്രി കിട്ടത്തില്ല തത്ത് ചേർത്തില്ല ഇനി തത്ത് ചേർത്താതിൻ്റെ അർത്ഥം എന്താണ് തസ്മിൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പ്രാമാണി പ്രകാരക ഏതൊരു ജ്ഞാനത്തിലാണോ പ്രാമാണ്യം പ്രകാരമായിരിക്കുന്നത് ഏതൊരു ജ്ഞാനത്തിലായിരിക്കും പ്രാമാണിയം പ്രകാരമായിരിക്കുന്നത് ഏ ഏത് ജ്ഞാനമാണോ പ്രമ ഏത് ജ്ഞാനത്തിലാണോ പ്രമ അതിലെന്തായിരിക്കും പ്രാമാണി പ്രകാരം ഇപ്പൊ തസ്മിൻ എന്ന് വെച്ചാൽ പ്രകാരകത്ത് ജ്ഞാനത്തിൽ തന്നെ ഇപ്പൊ എടുക്കേണ്ടി വരും അതിന്റെ സാമഗ്രി എടുക്കുക അതിന്റെ എന്ന് വെച്ചാൽ ജ്ഞാനത്തിന്റെ സാമഗ്രി എടുക്കുക ബാക്കി നമുക്ക് എന്താണ് തസ്മിൻ അപ്രാമാണ ഗ്രാഹക സാമഗ്രി പിന്നെ നോക്കുക ആ സാമഗ്രി അപ്രാമാണ്രാഹക സാമഗ്രിയാണോ ആ സാമഗ്രി എന്ന് പറയുന്നത് എന്താണോ അപ്രാമാണ്രാഹക സാമഗ്രിയാണോ എന്തുകൊണ്ട് തദ് ചേർക്കുമ്പോൾ ഏത് ഞാനെ തേടണോ ഒന്നാമത്തെ ഞാനെ തേടുക്കാൻ പറ്റില്ല പിന്നെ ഏതാ എടുക്കണം രണ്ടാമത്തെ ഞാനേ എടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ സാമഗ്രിയെ കുറിച്ച് പോയിട്ട് ആ സാമഗ്രി നിന്നും അപ്രാമാണ്യത്തെ ഗ്രഹിക്കുന്നവർ ഞാനുണ്ടാകുന്നുണ്ടോ മൂന്നാമത്തെ ഞാനും എന്തിനാണ് ഗ്രഹിക്കുന്നത് പ്രാമാണ്യത്തെ അപ്പം ആ സാമഗ്രിയിൽ നിന്നും അപ്രാമാണത്തിനെ ഗ്രഹിക്കുന്ന ഒരു ഞാനുണ്ടാകുന്നില്ല അതുകൊണ്ട് ആ സാമഗ്രി എന്തായി അപ്രാമാണ്രാഹ സാമഗ്രി മനസ്സിലായോ രണ്ടാമത്തെ ജ്ഞാനം എന്ന് പറയുന്നതിന് തന്നെ എടുക്കണം ഒന്നാമത്തെ ജ്ഞാനത്തിലേക്ക് പോകാൻ പാടില്ല കാരണം ഇവിടെ പരിശോധിക്കേണ്ട എന്താണ് പ്രമേയിൽ പ്രാമാണുണ്ടോ എന്നാണ് പ്രമേയിലെ പ്രാമാണ്യത്തെ എങ്ങനെ ഗ്രഹിക്കുന്നതാണ് ഒന്നാമത്തെ ജ്ഞാനം ഏതാണ് അപ്രമേയാണ് അതിൽ അപ്രാമാണ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല ഇപ്പം പ്രമ ഏതാണ് രണ്ടാമത്തെ ഞാൻ അതാണ് പ്രാമാണ്യ ജ്ഞാനം വെച്ച പ്രമ ആ ജ്ഞാനത്തിന്റെ സാമഗ്രിയെ കുറിച്ച് ചിന്തിക്കുക അത് തന്നെയാണ് മൂന്നാമത്തെ ജ്ഞാനത്തിൻ്റെയും സാമഗ്രി അപ്പൊ ആ സാമഗ്രിയിൽ നിന്നാണ് മനസ്സിലായത് അപ്പോൾ ഉണ്ടാകുന്നതാണ് മൂന്നാമത്തെ ജ്ഞാനം ആ മൂന്നാമത്തെ ജ്ഞാനം പ്രാമാണത്തെ ഗ്രഹിക്കുന്ന ജ്ഞാനമാണ് മനസ്സിലായോ മൂന്നാമത്തെ ജ്ഞാനം എന്ന് പറയുന്നത് പ്രാമാണ്യത്തെ ഗ്രഹിക്കുന്ന ആ സാമഗ്രി എന്തായി അപ്രാമാണി അഗ്രാഹക സാമഗ്രിയായി ആ സാമഗ്രി ജന്യഗ്രഹമായി മൂന്നാമത്തെ ജ്ഞാനം തത് വിഷയമായി രണ്ടാമത്തെ ജ്ഞാനത്തിലെ പ്രാമാണ്യം ഗ്രഹ വിഷയത്തോടൊന്നും ഇപ്പം തത്ത് ചേർത്തതിൻ്റെ പ്രയോജനം എന്താണ് പിന്നെ ഒന്നാമത്തെ അപ്രാമാണ പ്രകാരക ജ്ഞാനത്തെ എടുക്കാൻ പറ്റില്ല രണ്ടിൽ നിന്നേ പിന്നെ ചിന്തിക്കാൻ അതാണ് ആവശ്യം എന്തുകൊണ്ട് പ്രമേയ പ്രാമാണ്യം അതാണ് പരിശോധിക്കുന്നത് പ്രമേയ പ്രാമാണ്യം എന്താണ് അപ്രാമാണ അഗ്രാഹ സാമഗ്രി ജന്യഗ്രഹ വിഷയത്തോണ്ടവിടെ ശരി ശരിയായി എങ്ങനെ രണ്ടാമത്തെ ഞാനത്തെ എടുത്തു അതിൻ്റെ സാമഗ്രി എന്ന് പറയുന്ന മൂന്നാമത്തെ സാമഗ്രി ഒന്നാണ് മൂന്നാമത്തെ ജ്ഞാനം എന്ന് പറയുന്നത് രണ്ടാമത്തെ ജ്ഞാനത്തിൻ്റെ പ്രാമാണത്തെ ഗ്രഹിക്കുന്നു അപ്പോൾ ആ സാമഗ്രിയെക്കുറിച്ച് പറയാൻ എന്താണ് ആ സാമഗ്രി അപ്രാമാണ അഗ്രാഹക സാമഗ്രിയായി തജ്ജന്യഗ്രഹമായി ഏത് ജ്ഞാനം മൂന്നാമത്തെ തജ്ജന്യഗ്രഹ വിഷയമായി ഏത് രണ്ടാമത്തെ ജ്ഞാനത്തിലുള്ള പ്രാമാണ്യം ഗ്രഹ വിഷയത്വം അധികവും കാരണം മൂന്നാമത്തെ ജ്ഞാനം രണ്ടാമത്തെ ജ്ഞാനത്തെ പ്രമേയായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ ഒരു പ്രമേയിലുള്ള പ്രാമാണ്യത്തിലാണ് വിഷയത്വം വരേണ്ടത് ഇനി മൂന്നാമത്തേലുള്ള മൂന്നാമത്തെ ഒന്നാമത്തെ അപ്രാമാണത്തിൽ വിഷയത്വം വരും എന്തുകൊണ്ട് ഇവിടെ എവിടെ നിന്ന് തുടങ്ങി രണ്ടാമത്തെ ഞാൻ എന്തുകൊണ്ട് പ്രാമാണി പ്രകാരം പ്രമേയം നോക്കണം പ്രമേയുടെ ചുരുക്കത്തിൽ ഇതാണ് പ്രമേയുടെ സാമഗ്രിയിൽ നിന്ന് പ്രാമാണിത്തെ ഗ്രഹിക്കുന്നു അത് നോക്കിയാ അപ്രമേയെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം ഇവിടെയും എന്താണ് സംഭവിച്ചിരിക്കുന്നത് പ്രമേയുടെ സാമഗ്രികത്തിൽ നിന്ന് എന്ത് ഗ്രഹിച്ചു പ്രാമാണത്തെ ഗ്രഹിച്ചു അഗ്രാതാമഗ്രിതിവിജ്ഞാനത്തിന്റെ സാമഗ്രി തജ്ജന്യഗ്രഹം ഏതായി വിജ്ഞാനം തദ്വിഷയത്വം രണ്ടാമത് ജ്ഞാനത്തിൽ വന്നു അത് അപ്രാമാണിത് വന്നുസിദ്ധം നീതി എഴുതിയിരിക്കുന്ന വായിച്ചു നോക്കുക ഇതം ഞാനം അപ്രമാ ഇതം ഞാനോ അപ്രമാണെന്ന് പറയുന്നത് ഈ ജ്ഞാനം ഭ്രമയാണോ ഭ്രമമാണോ ഇത് എത്രാമത്തെ ഞാനാണോ രണ്ടാമത്തെ ഞാനീ അനുഭവം ഇഷ്ട പ്രാമാണ്യ ഗ്രാഹകസ്യ ഈ അനുഭവ വ്യവസായത്തിൽ ഇരിക്കുന്ന എന്താണ് പ്രാമാണമാണോ അപ്രാമാണ്യമാണോ ആ പ്രാമാണ്യനിഷ്ഠ ആ പ്രാമാണിയ ഗ്രാഹകം ഏതായി അതെങ്ങനെയുള്ള ജ്ഞാനമായി അപ്രാമാണ അഗ്രാഹക അപ്രാമാണ മൂന്നാമത് ഇതും ഞാൻ വലിയ അനുവാദ വ്യവസായ അനുഭവത്തിലെ പ്രാമാണികമായ എന്ത് സാമഗ്രി പ്രാമാണികളോണ്ട് എങ്ങനെ എടുക്കണം ഏ സാമഗ്രി ആ സാമഗ്രി എന്താണ് അത് അനുഭവസായ നിഷ്ട പ്രാമാണ പ്രാമാണ ഗ്രാഹകസ് അത് ശരിയാണ് പ്രാമാണത്തെ ഗ്രഹിക്കുന്നത് മൂന്നാമതന്നെയാണ് അത് അപ്രാമാണ ആ എന്നു വെച്ചാൽ അപ്രാമാണ അഗ്രാഹകത്വ അഭാവമാണ് എന്ന് പറയുക അതുതന്നെ രണ്ടാമത്തെ ഞാൻ വന്ദ് ചെയ്യുന്നു ഒന്നാമത്തെ ജ്ഞാനത്തിലെ അപ്രാമാണ്യത്തെ ഗ്രാഹകമാണ് ഇവിടെ ആദ്യം ദോഷം വരുന്നത് ആദ്യം പറഞ്ഞ ഭാഗം പറയണം പരിഹാരമല്ല പറയുന്നത് ഇവിടെ പറയുന്നത് തത്തില്ലാതെയുള്ള കാര്യം പറയണം തത്ത് ചേർത്തിട്ടല്ല തത്ത് ചേർക്കാതിരുന്നു കഴിഞ്ഞാൽ ആദ്യം ദോഷം പറഞ്ഞത് തത്ത് ചേർക്കാതിരുന്നു കഴിഞ്ഞപ്പോൾ ആ ദോഷമാണ് ഇവിടെ പറയുന്നത് എന്താ ആദ്യം ആദ്യം ദോഷം എങ്ങനെയാണ് പറഞ്ഞത് തത്തില്ല അപ്രാമാണ ഗ്രാഹകവും പറഞ്ഞത് ഏർ ഒരു സാമഗ്രി തന്നെ അപ്രാമാണ്യ ഗ്രാഹകവുമാണ് അതേ സാമഗ്രി തന്നെ അഗ്രാഹകമാണ് എന്ന് വെച്ചാൽ അപ്രാമാണ അഗ്രാഹകത്വം ഇല്ലാതെ മനസ്സിലായോ അപ്രാമാണി അഗ്രാഹകത്വം വരണം അത് വരുന്നില്ല ഒരേ സാമഗ്രി തന്നെ ദോഷം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് ഒരേ സാമഗ്രി തന്നെ അപ്രാമാണ്യത്തെ ഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ പ്രാമാണികത്തെയും ഗ്രഹിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രാമാണ്രാഹകത്വം വരത്തില്ല അത് വരുന്നില്ല അപ്പോൾ തദ് ചേർക്കാതെ വന്നപ്പോൾ ഉള്ള ദോഷത്തേണീ പറയുന്നു ഒരേ സാമഗ്രി തന്നെ എന്തു ചെയ്യുന്നു അപ്രാ അതിൽ പ്രാമാണ്യ ഗ്രാഹകത്വം വന്നു അപ്രാമാണ ഗ്രാഹകത്വം വന്നതുകൊണ്ട് അപ്രാമാണ്യ ഇല്ല ഇല്ലാതെ ഒന്നുമുണ്ട് സ്വതസ്തുന്യാസ്യാദെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണോ ഇവിടെ സാമഗ്രി അപ്രസിദ്ധമായി സാമഗ്രി എന്ന് പറയുന്നത് അപ്രസിദ്ധമായി എന്ന് മനസ്സിലായി സാമഗ്രിയിൽ രണ്ടും വരാൻ പാടില്ല അപ്രാമാണ അഗ്രാഹകത്വേ വരാൻ പാടുള്ളൂ ഇവിടെ എന്ത് ചെയ്തു പ്രാമാണ്യ ഗ്രാഹകത്വം അങ്ങനെ തിരിച്ചു പറഞ്ഞിട്ടാണ് പ്രാമാണിഗ്രാഹകത്വവും അപ്രാമാണ ഗ്രാഹകത്വം വന്നത് കൊണ്ട് നമുക്ക് വേണ്ടതൊന്നു മാത്രമാണ് ഏത് പ്രാമാണ ഗ്രാഹകത്വം ഗ്രഹിക്കുന്നു പ്രാമാണികളും വന്നെന്ത് ചെയ്തു അപ്രാമണ് ഗ്രാഹത്വം വന്നുകൊണ്ട് അത് ഒഴിവാക്കണം അതാണ് പറയുന്ന അപ്രാമാണ അഗ്രാഹകത്വം വന്നില്ല എന്ന് പറഞ്ഞാൽ സാമഗ്രിന് അപ്രസിദ്ധമായിരുന്നു അത് നമ്മൾ വ്യാഖ്യാനത്തിൽ മനസ്സിലാക്കുന്നു സ്വതസ്വം അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വതസ്ത്വം ഇവിടെ സ്വതസ്വം കാരണം പറയുന്നത് സാമഗ്രി അപ്രസിദ്ധമായതാണ് സാമഗ്രി അപ്രസിദ്ധമായത് വിരോധമായ വിരുദ്ധമായ രണ്ടും വന്നാണ് അതിനു പറയാൻ വേണ്ടിട്ട് എന്ത് പറഞ്ഞു അപ്രാമാണ്രാഹകത്വ അഭാവം വന്നു അപ്രാമാണ അഗ്രാഹകത്വം വരാൻ പാടില്ല അത് വന്നു അതുകൊണ്ട് സ്വതസ്ത്വം നേരിട്ടല്ല രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്നു ഒന്ന് ആദ്യത്തെ സ്റ്റംബർ എന്താണ് പ്രാമാണ്യമാണ് ഗ്രഹിക്കേണ്ടത് മറ്റൊന്നെന്താണ് അപ്രാമാണികാൻ പാടില്ല ഒരേ സാമഗ്രി ഇവിടെ എന്ത് സംഭവിച്ചു പ്രാമാണികന്നും അപ്രാമാണിഗ്രഹവും വന്നു അപ്പം ഏതിനെ ഒഴിവാക്കണം പ്രാമാണിക ഒഴിവാക്കേണ്ടത് വിനയോ അപ്രാമാണ അഗ്രാഹകത്വത്തിൻ്റെ അഭാവം വന്നു എന്നു പറഞ്ഞാൽ എന്താണ് അപ്രാമാണത്തെ ഗ്രഹിച്ചു ഒരു സാമഗ്രിയിൽ അത് വന്നതുകൊണ്ട് ഇവിടെ സാമഗ്രി അപ്രസിദ്ധമായി ഇത്രയും പറയുന്നതിന് പകരമാണ് ഇത്രയും ഈ ഇത്രയും ഒരു വാക്ക് പറഞ്ഞത് എന്താണ് പ്രാമാണകത്വ അഭാവാം പറയുന്നതിന് ഇത്രയും വ്യാഖ്യാനിക്കണം എന്നാലും മനസ്സിലാവും അതുകൊണ്ട് സ്വതത്വം നസ്യ അധ തീ തദ് ചേർക്കുകയാണ് അപ്പൊ ഈ തദ്നെ കുറിച്ച് പറയുമ്പോൾ തദ് മാറ്റി വെച്ചിട്ട് ആദ്യം പറഞ്ഞത് ചിന്തിച്ചു നോക്കും തസ്മിൻ ഗ്രാഹ്യപ്രാമാണ്ര എന്താണ് ഗ്രാഹ്യമായ പ്രാമാണ്യത്തിന്റെ ആശ്രയം ഗ്രാഹ്യമായ പ്രാമാണ്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ ജ്ഞാനത്തിലുള്ള പ്രാമാണ്യം അതിന്റെ ആശ്രമം എന്ന് വെച്ചാൽ രണ്ടാമത്തെ ജ്ഞാനത്തിൽ ആണ് അർത്ഥം ഗ്രാഹ്യം എന്ന് പറഞ്ഞ രണ്ടാമത്തെ ജ്ഞാനത്തിലുള്ള പ്രാമാണ്യം അതിന്റെ ആശ്രയം ഏതായി രണ്ടാമത്തെ ജ്ഞാനം അപ്പോൾ നേരത്തെ പറഞ്ഞ അപ്രാമാണത്തെ എന്താണ് ഗ്രഹിക്കേണ്ട കാര്യമില്ല ഒന്നാമത്തെ ഞാൻ തേടേണ്ട കാര്യം അപ്പോൾ അപ്രാമാണ ഗ്രാഹ്യ പ്രാമാണ്യാശ്രയേ അപ്രാമാണ ഗ്രാഹകം എന്താണ് അപ്പോൾ അപ്രാമാണ അഗ്രാഹകം സാമഗ്രി ആയിരിക്കണം അപ്രാമാണ്യത്തെ ഗ്രഹിക്കാത്ത സാമഗ്രി ആയിരിക്കണം ഇവിടുത്തെ സാമഗ്രി ഏതാണ് അപ്രാമാണത്തെ ഗ്രഹിക്കുന്ന സാമഗ്രിയല്ല രണ്ടാമത്തെ ജ്ഞാനത്തിന്റെ സാമഗ്രി എന്താണ് പ്രാമാണ്യത്തിന്റെ ഗ്രഹത്തിന്റെ സാമഗ്രിയാണ് അതുകൊണ്ട് ഗ്രാഹിപ്രാമാണ ആശ്രയി അപ്രാമാണ ഗ്രാഹകം അപ്രാമാണ്യഗ്രാഹകം എന്തായി അപ്രാമാണ്യഗ്രാഹകം സാമഗ്രിയുടെ വിശേഷങ്ങളാണ് എന്നുവെച്ചാൽ രണ്ടാമത്തെ ജ്ഞാനത്തിലുള്ള അപ്രാമാണ്യത്തിൻ്റെ അഗ്രാഹകമായ സാമഗ്രി എന്നുവെച്ചാൽ രണ്ടാമത്തെ ജ്ഞാനത്തിലുള്ള പ്രാമാണ്യത്തിൻ്റെ ഗ്രാഹകമായ സാമഗ്രി എന്നുള്ളത് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ജ്ഞാനം പോയി രണ്ടാമത്തെ ജ്ഞാനത്തിൻ്റെ സാമഗ്രി പോയി ഉദാകൃത സ്ഥലേ ഉദാകൃത സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതം ജ്ഞാനം അപ്രമ എന്ന് പറയുന്നു ീ ഇവിടെ ജീവികയിൽ ആദ്യം ഇതം ഞാനം അപ്രമാന്ന് കൊടുത്ത് രണ്ടാമത് ഇതം ഞാനം അപ്രമാടുത്ത് ഇവിടെ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ഞാൻ രണ്ട് ഞാനും മൂന്ന് ഞാന് ഇങ്ങനെയുള്ള ഒരു ബോധം ഉണ്ടാകത്തില്ല ഉണ്ടാകാതെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് വ്യാഖ്യാനത്തിൻ്റെ മനസ്സും കാരണം ഇത് തത്വചിന്താമതിയുടെ വ്യാഖ്യാനത്തിൽ ഇത്തരം ജ്ഞാനങ്ങളെയൊക്കെ പലതവണ പരാമർശിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വ്യാഖ്യാനം എഴുതുന്നവരെ സംബന്ധിച്ച് അതെല്ലാം മനസ്സി വെച്ചുകൊണ്ടാണ് അവരിങ്ങനെ ഇത് ഞാനും അപ്പറമായതെല്ലാം പറയുമ്പോൾ ഇന്ന ജ്ഞാനമാണെന്ന് അവരെ ഗ്രഹിക്കുന്നത് പൊതുവായിട്ട് വായിക്കുന്ന ഒരാളാണ് ഇത് പഠി നേരിട്ടത് പഠിക്കുന്ന ഒരാളാണ് അതുമായിട്ടൊന്നും ഒരു പരിചയമില്ലാത്തതുകൊണ്ട് ഈ പറയുന്നൊന്നും മനസ്സിലാകത്തില്ല വ്യാഖ്യാനം കൊണ്ടേ മനസ്സിലാകത്തില്ല ഇതൊക്കെ വളരെ പ്രസിദ്ധ ഉദാഹരണങ്ങളാണ് തർക്കശാസ്ത്രം ഇവിടെ അടുത്ത് ഉപയോഗിച്ചതെന്ന് വിചാരിച്ചത് ഇതിന്റെ വ്യാഖ്യാതാക്കൾക്കെല്ലാം വളരെ പരിചയമുള്ള ഉദാഹരണങ്ങളാണ് അപ്പൊ ഈ ഉദാഹരണം കേൾക്കുമെന്ന് തന്നെ അവർക്കറിയാം ഇതിന്ന ജ്ഞാനമാണ് ഇതിന്റെ ഇത്ര എൻ്റെ ഇന്ന ഭാഗങ്ങളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും അതാണ് പറയുന്നത് ഉദാഹരണസ്ഥതേ ഈ പറഞ്ഞ ഇതും ജ്ഞാനം അപ്രാമാന്നുള്ള സ്ഥലത്ത് വ്യവസായി അപ്രാമാണ്രാഹകാഹകസിദ്ധി പറയുന്നു വ്യവസായത്തിൽ വ്യവസായ ജ്ഞാനം ഏതാണ് ഒന്നാമത്തെ ജ്ഞാനം അതില് അപ്രാമാണ്യഗ്രാഹകമാണ് എന്ത് സാമഗ്രി ഒന്നാമത്തെ ജ്ഞാനത്തില് അപ്രാമാണ്യ ഗ്രാഹകമാണ് സാമഗ്രി അത് ശരിയാണ് ഇവിടെ പറയുന്നു പക്ഷെ അതിനെ ഒഴിവാക്കിയെന്ന് പറയുന്നത് വ്യവസായ അപ്രാമാണ്യ ഗ്രാഹക അനു വ്യവസായത്തത് അഗ്രാഹകത്വം എന്ന് വെച്ചാൽ പക്ഷെ രണ്ടാമത്തെ ഞാൻ എടുത്തു കഴിഞ്ഞാലോ ആ സാമഗ്രി എന്തല്ല അപ്രാമാണ ഗ്രാഹകമല്ല എന്നുവെച്ചാൽ രണ്ടാമത്താണ് എടുക്കുന്നതെന്നാണ് ഒന്നാമത്തേതിനെ ഒഴിവാക്കി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യം എന്ന് പറഞ്ഞത് വ്യവസായ സാമഗ്രി അപ്രാമാണിക സാമഗ്രി അനു വ്യവസായി തദ്ഗ്രാഹകത്വ അനുഭവത്തിൽ തദ്ഗ്രാഹിച്ച അതിനഗ്രഹിക്കുന്നില്ലേതിനെ ഗ്രഹിക്കുന്നില്ല എന്ത് ഗ്രഹിക്കുന്നില്ല സാമഗ്രി അതുകൊണ്ട് സ്വതസ്ഥി അതുകൊണ്ട് സ്വതസ്ഥിദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ആ ജ്ഞാനത്തിലെ രണ്ടാമത്തെ ജ്ഞാനത്തിലെ പ്രാമാണത്തിൽ സ്വതസ്ത്വത്തെ സിദ്ധിക്കുന്നു എന്നറിയാം അപ്പോ എന്ത് വരും തസ്മിൻ രണ്ടാമത്തെ ജ്ഞാനത്തിൽ അപ്രാമാണ അഗ്രാഹക എന്തായി സാമഗ്രി സാമഗ്രി യാവ സാമഗ്രി എന്ന് പറയുന്ന സാമഗ്രിയെടുക്കുന്നു ആത്മവിനസ് ആ സാമഗ്രി ജന്യഗ്രഹം എന്തായി മൂന്നാമത്തെ ജനം തദ്വിഷയം എന്തായി രണ്ടാമത്തെ ജനത്തിൽ പ്രാമാണി അവിടെ എന്ത് സിദ്ധമായി സ്വതസ്ഥ അപ്പൊ ഇതിന്റെ പദകൃത്യം കഴിഞ്ഞു യാവത്തിന്റെ പ്രയോജനം പറഞ്ഞു പിന്നെ അഗ്രാഹകത്തിൻ്റെ പ്രയോജനം പറഞ്ഞു പിന്നെ തശബ്ദത്തിൻ്റെ പ്രയോജനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് വന്നാൽ ഇതം ജലം എന്നുള്ള ഞാൻ അവിടെ തസ്മിൻ അപ്രാമാണ അഗ്രാഹക സാമഗ്രി മൂന്നുപേരുടെ മതം അനുസരിച്ചുകൊണ്ടാണ് ആത്മമനസ് എന്ന പരാമർശം സാമഗ്രി അപ്രാമാണി ആഗ്രഹ സാമഗ്രിയാണെങ്കിൽ അപ്രാമാണിത്യ ഗ്രഹിക്കുന്നില്ല സാമഗ്രി ജന്യ ഗ്രഹം ആദ്യത്തേത് വ്യവസായം തന്നെ രണ്ടാമത്തേതിൽ അനുവസായം മൂന്നാമത്തേത് നിഷയത്വം ആ ഇതം ചിലമെന്നുള്ള ജ്ഞാനത്തിലെ എന്നെല്ലാം എന്ന് വളച്ചു പറയുന്നത് തത് അപ്രാമാണ്രാഹ എന്നൊക്കെ പറയുന്നതിന് പകരം പ്രാമാണിക ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ മതിയല്ലാമാണിക സാമഗ്രി ജന്യ ഗ്രഹവിഷയത്വം ഇതഞ്ജലം അല്ല പ്രാമാണ്യത്തെ ഗ്രഹിക്കുന്ന സാമഗ്രി അല്ലെങ്കിൽ ഇതഞ്ജലം ജ്ഞാനഗ്രാഹക സാമഗ്രി അങ്ങനെ പറയുന്നു ഇതഞ്ജലം ജ്ഞാനഗ്രാഹ സാമഗ്രി ഈ പറഞ്ഞ മൂന്ന് സാമഗ്രികൾ തജ്ജന്യ ഗ്രഹവിഷയത്വം ജലം ഇതെന്തിനുള്ള ഞാൻ എത്തിയോ കൂടെ അപ്രാമാണ തത്ത് അപ്രാമാണ അഗ്രഹം എന്നൊക്കെ എന്തിനു പറഞ്ഞു ഈ പറഞ്ഞ മൂന്ന് സ്ഥലങ്ങളിലും വരുന്ന ദോഷത്തെ പരിഹരിക്കാനാണ് അല്ലെങ്കിൽ എന്തോരം നേരത്തെ പറഞ്ഞ് യാവത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ദോഷങ്ങൾ പറഞ്ഞു അഗ്രാഹകം ചേർക്കാതിരുന്നവരന്ത് ദോഷം തത്ത് ചേർക്കാതിരുന്നവരുടെ ദോഷം അവിടെ ഇതം ജ്ഞാനം അപ്രമ എന്ന് പറയുന്നിടത്തും പറ്റുകയും ചെയ്യും ആ ജ്ഞാനത്തിനും മറ്റും ഇത് സമന്വയിക്കാൻ പറ്റാതെ വരെ ഒരിടത്ത് ബ്രഹ്മസ്ഥലത്ത് ഒരിടത്ത് യഥാർത്ഥ സ്ഥലത്ത് ഒരിടത്ത് സമന്യിക്കാൻ പറ്റാത്തവര് അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അപ്രാമാണിയ ഗ്രാഹ്രാഹ സമിതി അതുകൊണ്ട് ജ്ഞാനത്തിലെ പ്രാമാണത്തിലെ സ്വതസ്വം ജ്ഞാനപ്രാമാണത്തിലെ സിദ്ധമായി അതൊന്നും നീ പറയേണ്ട ആവശ്യമില്ല നമ്മൾ പക്ഷെ നീ ഒരു